गुरु राम दई स्मरच गुरु मन्दो गोपंचत लतारामत करीय प्रखव सर्व भावन सता इति विनिषय श्रोम विनयदि प्राण चेतोम सुन पुरुष प्रथक കഴിഞ്ഞ കാര്യയിൽ പറഞ്ഞത് ഒരു ചൈതന്യം രണ്ടായി പിരിഞ്ഞിരിക്കും ഉപഭോക്താവായും ഭോജ്യമായും എന്ന് പറഞ്ഞു ഒന്ന് രണ്ടായി പിരിയുമ്പോൾ അത് പരസ്പര വിരുദ്ധ സ്വഭാവത്തോടുകൂടിയിരിക്കും ഉപഭോക്താവിന്റെ രൂപം പേര് ബോധ്യത്തിന്റെ രൂപം പേരെ പരസ്പര വിലക്ഷണമായിരിക്കുന്ന പ്രത്യേക രൂപത്തോടുകൂടിയിരിക്കുന്ന ഈ രണ്ട് ഒന്നിൽ നിന്ന് സംഭവിക്കുന്നു അതിനാണ് ഇവിടെ സമാധാനം പറയാം സദാം വിദ്യമാനാം അവിദ്യാവൃത നാമ രൂപമായ സ്വരൂപേണ ൈസ്വേദക്ഷ്യതിന്ധ്യ പുത്രോ ത സനെയാണ് ഉണ്ടാകുന്നത് ഇവിടെ എന്തെല്ലാം ഉൽപ്പന്നമാകുന്നു അതെല്ലാം ഉത്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നു ഇല്ലാത്തതുണ്ടാകുന്നില്ല പൂണ്ണതയും ഉണ്ടാകുന്നുള്ളൂ സദാം വിദ്യമാനാണ് ഉള്ളതാണ് അത് ഉണ്ടാകുന്നതിങ്ങനെ അവിദ്യാകൃതം നാമരൂപമായ രൂപേണ അവിദ്യാവൃതമായ നാമരൂപത്തിൽ ഇന്ദ്രജാലം പോലെ ഉണ്ടാകുന്നു ഇന്ദ്രജാലം എന്ന് കൊണ്ട് പറയുന്നു അത് സ്ഥായിയല്ല അത് ഏതിൽ നിന്നാണോ ഉണ്ടായത് അതുപോലെയല്ല എങ്ങനെ ഉണ്ടായിരുന്നു അത് നിർണയിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് തന്നെ മായ രൂപത്തിലെന്ന് പറയും അത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് സേന സ്വരൂപത്തിൽ സ്ഥിതിയിലിരുന്നു സത് രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു അപ്പോൾ ഉണ്ടായതാണ് വീണ്ടും ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ സംശയം വരും ഉണ്ടായത് പിന്നെ എന്തിനുണ്ടാവണം നേരത്തെ ഒന്നും ഉള്ളതാണെങ്കിൽ പിന്നെ ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ അതിനോട് പറയുന്നത് എങ്ങനെയാണോ നിലനിന്നിരുന്നത് ഈ കാണുന്ന രൂപത്തിലല്ല കാണുന്നത് വൈദ്യാകൃതമായ നാമരൂപമായ രൂപത്തിലാണ് കാണുന്നത് പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ആത്മരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു അതുകൊണ്ട് അതിന് ഈ രൂപത്തിൽ ഉണ്ടാകേണ്ടി ഇതിങ്ങനെ കാണുന്നത് ആത്മരൂപത്തിൽ സ്ഥിതി ചെയ്തത് ഈ രൂപത്തിൽ കാണും അതുകൊണ്ടുള്ളതിനെ വീണ്ടും ഈ കാണുന്ന ഇതേ രൂപത്തിൽ അത് സ്ഥിതി ചെയ്തിരുന്നില്ല പക്ഷെ ഇതുണ്ടായിരുന്നു അതാണ് വിശ്വതൈജസ പ്രാജ്ഞഭേദ ഈ സൃഷ്ടിയെ ഓരോ ജീവനും അനുഭവപ്പെടുന്ന സൃഷ്ടി വിശ്വൻ തേജസ്സിൻ പ്രാജ്ഞൻ ഈ മൂന്ന് ഭേദത്തിൽ ഉൾക്കൊള്ളിക്കാം ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതിൽ അനുഭവപ്പെടുന്നതാണ് വിശ്വിന്റെ തേജസ്സിന്റെ അനുഭവങ്ങളാണ് പിന്നെ പ്രാജ്ഞരൂപത്തിൽ ഇതാണ് സൃഷ്ടി ഈ വിശ്വതേജസ്സ പ്രാജ്ഞരൂപത്തിൽ അനുഭവപ്പെടുന്നത് സർവവും മുമ്പുണ്ടായിരുന്നത് തന്നെ എന്നാണ് ഇതിനാണ് സത്കാര്യം എന്ന് പറയുന്നത് സത്കാര്യവാദം എന്ന് പറയും ഇല്ലാത്തതൊന്നും ഉണ്ടാകുന്നില്ല ഉള്ളതേ ഉണ്ടാകുന്നുള്ളു വീണ്ടും ഉണ്ടാകേണ്ടി വരിക പറഞ്ഞാൽ അതിനൊരു രൂപാന്തരം സംഭവിക്കുക അത്രേ ഉള്ളു പക്ഷെ ഇത് ഇനി പറയും വന്ധ്യാപുത്രവിന തത്വേന മായയാവാചായതേ വന്ധ്യാപുത്രൻ പരമാർത്ഥത്തിലുണ്ടാകുന്നില്ല ഇന്ദ്രജാലം പോലെയും ഉണ്ടാകുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കുന്നേയില്ല ഒരു ശബ്ദം മാത്രമാണ് ആകാശപുഷ്പം എന്ന് പറയും ആകാശത്തിൽ പുഷ്പിക്കുന്ന മരങ്ങളോ വള്ളികളോ ഒന്നുമില്ല അതുകൊണ്ടവിടെ പുഷ്പവും എന്നാലും പറയുന്നു ആകാശപുഷ്പം അത് വാസ്തവത്തിനുമില്ല ഇന്ദ്രജാലം പോലെയും അവിടെ അതുകൊണ്ട് ശൂന്യതയിൽ നിന്നല്ല സൃഷ്ടി അതാണ് പറയുന്നത് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിയില്ല ശൂന്യം ഈ രൂപത്തിൽ അനുഭവപ്പെടുന്നില്ല ശൂന്യം ഇല്ല ശൂന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നുമില്ലായിരുന്നു അതിൽ നിന്നല്ല ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന സത്തിൽ നിന്നാണ് യത് ഹി ജന്മസ്യ ബ്രഹ്മണോ അവ്യവഹാരി ഗ്രഹണദ്വാരഭാവാദ് അസത്വ പ്രസക്തി ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് സത്ത് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് വ്യവഹാരിയമാണ് എന്ന് വെച്ചാൽ നമ്മുടെ വ്യവഹാരത്തിന് വിഷയമാണ് ഉണ്മയെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അറിവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആനന്ദം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം സച്ചിദാനന്ദ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ അനുഭവത്തിലൂടെ ബ്രഹ്മം വ്യവഹാരിയമാണ് നമ്മുടെ അനുഭവത്തിന് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ചരിച്ചയ്ക്കും നാം വിഷയമാകുന്ന ഒന്നാണ് എന്താ തികച്ചു അജ്ഞേയമായ ഒന്നല്ല എന്തുകൊണ്ട് ഈ തരത്തിൽ ഇത് അനുഭവപ്പെടുന്നു അത് ശൂന്യമല്ലാത്ത സത്തായത് കൊണ്ടാണ് അത് ഗീതാഭാഷത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ് ആ സത്ത് എങ്ങനെ അനുഭവപ്പെടുന്നു അശൂന്യമായിരുന്നെങ്കിലോ അതിനെ അറിയുന്നതിനുള്ള ഒരു ഉപായവും ഇവിടെ ശേഷിക്കില്ലായിരുന്നു സത്യചിത്താനന്ദത്തിന്റെ അനുഭവമേ നമുക്കുണ്ടാവില്ല ആത്മാനുഭവം ഉണ്ടാകുന്നതിനും ഒരു വഴിയും ശൂന്യമായതിനാൽ കേവലം ശൂന്യം അറിയുന്ന ഒരു ബോധമോ അറിവിന് വിഷയമായ ഉണ്മയോ ഒന്നും നിലനിൽക്കത്തില്ല അതുകൊണ്ട് നിന്നാണ് ഇത് വരുന്നതെന്ന് പറയാൻ കഴിയില്ല ശൂന്യമാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നതെങ്കിൽ ഒന്നുമില്ലായ്മയാണ് സർവ്വത്തിനും കാരണമായിരിക്കുന്നതെങ്കിൽ ഉണ്മയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവത്തില്ല എന്നും ഉണ്മയെ നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ പിന്നിൽ ഇല്ലായ്മയല്ല ഉണ്മ തന്നെയാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന് കാരണമായിരിക്കുന്ന പരമസത്യത്തിലേക്ക് ഗുരുവിനെത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇന്ദ്രജാലം അല്ലെങ്കിൽ മായ എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷെ ഇത് അനുഭവപ്പെടുമ്പോ ഇത് ലൂടെ നമ്മൾ അറിയുന്നത് സച്ചിദാനന്ദത്തെയാണ് അതുകൊണ്ട് ഇതിനാധാരമായിരിക്കുന്നത് ശൂന്യമല്ല ദൃഷ്ടഞ്ച രജു സർപ്പാദീനാം അവിദ്യാകൃത മായ ബീജോത്പന്നാനാം ദ്ധ്യാത്മനാ സത്വം രജ്ജുവിൽ അനുഭവപ്പെടുന്ന സർപ്പം നിമിഷം നിമിഷാർത്ഥത്തിലുള്ള ഒരു വിഭ്രാന്തി ആ വിഭ്രാന്തി എന്തുകൊണ്ടുണ്ടാകുന്നു നമ്മൾ അറിവില്ലായ്മ അവിദ്യാകൃതമാണത് അവിദ്യാകൃത മായാബീജോത്പന്ന ഇന്ദ്രജാലം പോലെ അനുഭവപ്പെടുന്നു ആ അനുഭവപ്പെടുന്ന അത് നിമിഷം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു അവിടെ ഒന്നും ഉണ്ടായില്ല നമ്മളിൽ ഉണ്ടായ ഒരു ഭ്രമം എന്ന കഴിഞ്ഞൊന്നും ഉണ്ടായില്ല എന്നാൽ അവിടെ ഒന്നുണ്ടെന്താണ് ആ രജ്ജു അവിടെയുണ്ട് രജ്ജുവിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല അതവിടെയുണ്ട് അഭ്രാന്തി ഉണ്ടാകുന്നതിന് മുമ്പും അഭ്രാന്തി ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷവും രജ്ജുണ്ട് എന്താണ് അവിടെ ഈ സർപ്പരൂപത്തിൽ കണ്ടത് അത് രജ്ജു തന്നെയാണ് ആ സർപ്പം എന്ന് നമുക്ക് അനുഭവപ്പെട്ടത് രജ്ജുവല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് പറയുന്നെന്താണ് രജ്ജുവാത്മന സത്യം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും യുടെ നിലപാടെഴുതാണ് നമ്മൾ സാധാരണ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇതാണ് അദ്വൈതം ബ്രഹ്മസത്യം ജഗത്സത്യം എന്ന് പറഞ്ഞാലും അദ്വൈതം തന്നെ ഇതും അദ്വൈതം പറയുന്നത് എന്താണ് രജ്വാധ്യാത്മന സത്യം എന്ത് സർപ്പം നമ്മളവിടെ കാണുന്ന ആ സർപ്പം സത്യം തന്നെയാണ് എങ്ങനെ രജ്ജ് രൂപത്തിൽ എങ്ങനെയോ ഒരു ഭാഗത്തിൽ മാത്രം പ്രാധാന്യം വന്നു എന്താണോ ജഗത് മിഥ്യ എന്നുള്ളത് ഇനി പറയും മായാ മാത്രം ഇതം സർവം അദ്വൈതം പരമാർത്ഥത ഇതെല്ലാം മായ മാത്രമാണ് അദ്വൈതമാണ് പരമാവർത്തതം ഈ മായ എന്ന് പറയുന്നതോ അമ്മായിയും അദ്വൈത രൂപത്തിൽ സത്യം തന്നെ കാരണം അദ്വൈതത്തിൽ രണ്ടു വരാൻ പാടില്ല അദ്വൈതം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നേ പാടുള്ളൂ ഒരു സത്യവും ഒരു അസത്യവും അങ്ങനെ രണ്ടെണ്ണം വരാൻ പാടില്ല അതുകൊണ്ടിവിടെ പറയുന്ന എന്താണോ ആ രജ്ജു സർപ്പാദികൾ രജ്ജ്വാദിരൂപത്തിൽ സത്യം തന്നെ അതിനെങ്ങനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും നമുക്ക് ആ അനുഭവം ക്ഷണം കൊണ്ടുണ്ടായ വിഭ്രാന്തി ഉണ്ടായിരുന്നപ്പോഴും അവിടെ സത്യമായിരുന്നതെന്ത് ആ രജ്ജു തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അനുഭവപ്പെട്ട ആ സർപ്പം അത് രജ്ജുരൂപത്തിൽ സത്യം തന്നെ പിന്നെ നമ്മൾ അസത്യം എന്ന് പറയുന്നത് എന്തിനാ അല്ല അവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റെന്തോന്ന് എന്ന് ഉള്ള നമ്മുടെ കൽപ്പനയാണ് അസത്യം എന്ന് പറയുന്നത് മറ്റെന്തോ ഒന്നുണ്ടെന്ന് നമ്മൾ കൽപ്പിച്ചു സർപ്പത്തിനെ കൽപ്പിച്ചു ആ ഭാഗമാണ് അസത്യം എന്ന് പറയുന്നത് അപ്പൊ അവിടെ അസത്യം എന്ന് പറയുന്നതിനും സത്യം എന്ന് പറയുന്നതിനും തുല്യ പ്രാധാന്യമാണ് അതുകൊണ്ട് രജ്വാധ്യാത്മന സത്യം സർപ്പവും സത്യം തന്നെ ഈ പ്രപഞ്ചവും സത്യം തന്നെ പ്രപഞ്ചം എങ്ങനെ സത്യമാകുന്നു ബ്രഹ്മരൂപത്തിന് സത്യം തന്നെ എങ്ങനെ അസത്യമാകുന്നു അതിന് ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മറ്റെന്തോ ആണെന്നുള്ള നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവമെന്നോ നമ്മുടെ ഭ്രാന്തിയെന്നോ നമ്മുടെ കൽപ്പനയെന്നോ ആ ഒരു അംശത്തിലാണ് ഇതിന് അസത്യം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ഇത് സത്യം തന്നെയാണ് മുഖ്യമായിട്ടും ഇത് അദ്വൈതമാണോ മുഖ്യമായിട്ടും ഇത് ഏകമാണോ പ്രാധാന്യം ഈ പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നതിനുള്ള പ്രാധാന്യം അദ്വൈതം സത്യം എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം കാരണം അദ്വൈതത്തിന്റെ താൽപര്യം അതിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് നമ്മളെ അസത്യത്തെ ബോധിപ്പിക്കുകയാണ് മറിച്ച് നമ്മളെ സത്യത്തെ ബോധിപ്പിക്കുകയാണ് സത്യത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ സത്യത്തെ സത്യമായിട്ടാണ് ബോധിപ്പിക്കുന്നത് സത്യത്തെ സത്യമായി ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ അനുഭവപ്പെടുന്നു അതിനെല്ലാം സത്യമായി ബോധിപ്പിക്കുക അതിനിടെ മിഥ്യയ്ക്ക് സ്ഥാനമൊന്നുമില്ല പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മറിച്ച് ചിന്തിച്ചു പോയി അതൊരുപക്ഷെ നമ്മുടെ മനസ്സിന്റെ കളങ്കം കൊണ്ടായിരിക്കും സത്യത്തോടുള്ള നമ്മുടെ വൈമുഖ്യം കൊണ്ടായിരിക്കും നമ്മൾ മിഥ്യയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നു എന്നിട്ട് അതാണ് അദ്വൈതമെന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല എന്താണ് രജ്വാധ്യാത്മന സത്യം ആ സർപ്പം സത്യം തന്നെയാണ് അപ്പൊ സർപ്പത്തെ കാണുമ്പോ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന്റെ മിഥ്യാത്വത്തെ ഗ്രഹിക്കാനല്ല അതിന്റെ സത്യത്വത്തെ ബോധിക്കാൻ വേണ്ടിയാണ് ആ സത്യബോധമാണ് അദ്വൈത സാക്ഷാത്കാരം എന്ന് ആ രൂപത്തിൽ അതിനെ വേണ്ടി പറയുന്നു അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇത് സത്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ പ്രപഞ്ചാനുഭവം ഈ പ്രപഞ്ചാനുഭവം അത് ആ പരമാർത്ഥ സത്യം തന്നെയാണ് ആ പ്രപഞ്ചത്തിൽ നമുക്ക് സത്യമേ അനുഭവപ്പെടുന്നുള്ളൂ ആ പ്രപഞ്ചത്തിൽ സച്ചിദാനന്ദ അനുഭവമാണുള്ളത് അതല്ലാതെ മറ്റൊന്നുമില്ല സത്യം തന്നെയാണ് അതിന്റെ അധിഷ്ഠാന രൂപത്തിൽ സത്യം നഹി നിരാസ്പദ രജ്ജു സർപ്പ മൃഗതൃഷ്ണികാദേഹ പൂജിതുപോലെ ലഭ്യതയ്ക്ക് പറയുന്നു ആ സത്യത്തെ കൂടാതെ നിങ്ങൾ എവിടെയെങ്കിലും രജ്ജുവിൽ സർപ്പത്തെ മാത്രം കണ്ടു മൃഗതൃഷ്ണിക തുടങ്ങി എവിടെയെല്ലാം നിങ്ങൾക്ക് ഭ്രാന്തി ഉണ്ടാകുന്നു അവിടെയെല്ലാം അതിന്റെ ആധാരമില്ലാതെ എന്താണോ അവിടെ സത്യമായിരിക്കുന്നത് അതിനെ വിറ്റിട്ടുന്നവർക്ക് എന്തെങ്കിലും ഭ്രാന്തി ഉണ്ടാകും ഭ്രാന്തിയിലെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്താണ് ആ സത്യം തന്നെയാണ് നിരാസ്പദമായ ഭ്രാന്തി ഉണ്ടാകത്തില്ല പല സത്യത്തെ കാണുക അധിഷ്ഠാനമില്ലാതെ ഭ്രാന്തിയില്ല അധിഷ്ഠാനത്തെ കാണുക അതുപോലെ ഇവിടെ സത്തിൽ ഉത്പത്തി ഉത്പന്നമായനെ നിങ്ങൾ മായയെന്നോ ഇന്ദ്രജാലമെന്നോ എന്ത് വിളിച്ചാളിച്ച് അതാ സത്ത് തന്നെയാണ് സത്തിനാണ് പ്രാധാന്യം അതാണ് ഇനി മറിച്ച് നിങ്ങളുടെ സത്യ സത്യത്തെ ബോധിപ്പിക്കാൻ എത്ര ശ്രമിച്ചാൽ ആ സത്യം നിങ്ങൾ ബോധിക്കുന്നില്ലെങ്കിൽ പറയുമതാണ് നിങ്ങൾ ബോധിക്കുന്നത് മിഥ്യയാണ് സത്യം നിങ്ങൾ ബോധിക്കുന്നില്ല എന്ന് ഞാൻ സത്യവും മിഥിയും എന്ന് പറയുന്ന രണ്ടു വസ്തുക്കളെ അംഗീകരിക്കരുത് രണ്ടെണ്ണം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അദ്വൈതം രണ്ടെണ്ണത്തെ ബോധിപ്പിക്കുക ശ്രുതി ശാസ്ത്രം എപ്പോഴും ശ്രമിക്കുന്നത് സത്യത്തെ ബോധിപ്പിക്കാനും എത്ര ശ്രമിച്ചാലും അവൻ അതിനെ ബോധിക്കുന്നില്ല പിന്നെ ശേഷിക്കുന്ന എന്ത് നീ ബോധിച്ചിരിക്കുന്ന എന്തിനെ നീ സത്യത്തെ ബോധിക്കുന്നുണ്ടെങ്കിൽ അതാ സത്യം എന്നീ പറയുന്നു അതുകൊണ്ട് ഇത് രണ്ടും അദ്വൈതസമ്മതമായ കാര്യങ്ങളെന്താണ് ജഗത്മിഥ്യം ജഗത്സത്യം അതാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വീണ്ടും അത് പറയുന്നു യഥാ ഋജ്വാം പ്രാഗ് സർപ്പോത്പത്തെജ്വാത്മന സർപ്പ സന്നിവാസി അ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു പോകുക ഒരാൾക്ക് ഒരു ഭ്രാന്തി ഉണ്ടായി എന്തെങ്കിലും ഒരു ഭ്രാന്തി അനുക്ഷണം ഭ്രാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനെ മറ്റൊന്നായി നമ്മൾ ധരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നത് കേൾക്കുന്ന പോലും കേൾക്കുന്നത് പോലെ ആയിരിക്കില്ല ധരിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ മറ്റൊന്നായി ധരിച്ചാൽ അവിടെ ഭ്രാന്തിയായി രച്ചുവല്ല സർപ്പം മാത്രമല്ല ഭ്രാന്തി നമ്മുടെ അനുഭവത്തിൽ ഒട്ടുമുക്കാലും ഭ്രാന്തിയാണ് ലൌകികമായ കാര്യങ്ങളെപ്പോലും നമുക്ക് അതിന് അതാത് രീതി ഗ്രഹിക്കാൻ പറ്റുന്നില്ല റജൻ സർപ്പത്തെ ഗ്രഹിക്കുന്നത് പോലെയെല്ലാം പോകുന്നു നമ്മൾ കേൾക്കുന്ന ആ ശബ്ദ അർത്ഥങ്ങളെ ശരിയായ രീതിയിൽ അവിടെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടെ ഭ്രാന്തിയാണ് ശരിയായ ബോധത്തെക്കാൾ ഭ്രാന്തിയാണ് നമുക്ക് കൂടുതലും സംഭവിക്കുന്നത് അതിനടുത്ത് ചിന്തിച്ച് നോക്കുക ഇവിടെ പറയുന്നു പ്രാക് സർപ്പ ഉത്പത്തി ആ സർപ്പഭ്രാന്തി ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഭ്രാന്തി മാറിയതിന് ശേഷം ചിന്തിക്കുക അവിടെ എന്താ ഉണ്ടായിരുന്നത് രജ്ജു നിങ്ങൾ കണ്ട സർപ്പമോ അതാ രജ്ജു തന്നെയായിരുന്നു അത് തർക്കമൊന്നുമുള്ള കാര്യമല്ല രജ്ജ്വാത്മന സർപ്പഹസ്തന്നേവാസി ആ രജ്ജുരൂപത്തിൽ ആ സർപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ രജ്ജുവേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഭ്രാന്തി മാറി പറഞ്ഞു ആ സർപ്പം പോയി സർപ്പം പോയുമില്ല ഭ്രാന്തി മാറിയിട്ട് സർപ്പം അവിടെ ഉണ്ട് എങ്ങനെയാ രജ്ജുവായിട്ട് അവിടെയുണ്ട് അപ്പൊ ഭ്രാന്തിക്ക് മുമ്പ് അത് രജ്ജുരൂപത്തിലുണ്ടായിരുന്നു ഭ്രാന്തി മാറിയതിനു ശേഷം ആ രജ്ജു അവിടെയുണ്ട് അതിന്റെ ഇടയ്ക്ക് എന്താണുണ്ടായിരുന്നത് രജ്ജു തന്നെയാണ് രണ്ടാമതൊന്നും അവിടെ വന്നിട്ടില്ല മുമ്പും പിമ്പും ആ രജ്ജു ആണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമ്മൾ കണ്ട ആ നിമിഷവും അവിടെ രജ്ജുവേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ സത്യമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ കണ്ടതോ കണ്ടതും ആ സത്യത്തെ തന്നെ സർപ്പമായി കണ്ടതും ആ രജ്ജുവിനെ തന്നെ അതുകൊണ്ട് മുമ്പും പിമ്പും ആ അനുഭവവേളയിലും സർപ്പം എന്ന് നമ്മൾ അനുഭവിച്ച ആ വേളയിലും രജ്ജുവേ ഉള്ളൂ സത്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടിവിടെ പറയുന്നതാണ് ആ സർപ്പ ഉത്പത്തി സർപ്പ അനുഭവം അതിനു മുമ്പ് ആ സർപ്പം അത് രജ്ജുരൂപത്തിലുണ്ടായിരുന്നു സർപ്പം പോയി എന്ന് പറയുമ്പോഴും അത് രജരൂപത്തിൽ അവിടെയുണ്ട് മുമ്പും പിമ്പും രജിരൂപത്തിൽ ആണ് സർപ്പം നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ കാണുന്ന അവസരത്തിനും അത് രജിരൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് സർപ്പ സന്നേവാസി അത് സത്യമാണോ ഇവിടെ പറയുന്നത് എന്താണ് സർപ്പ സൻ ഏവാസി സർപ്പം സത്യം തന്നെയായിരുന്നു സത്യം എന്ന് പറയുന്നത് ഇവിടെ എന്തിനാ ആപേക്ഷികമായ സത്യത്തെയാണ് ആ രുചി തന്നെയായിരുന്നു പരമാർത്ഥ സത്യത്തെ നമ്മൾക്ക് എന്താണോ അനുഭവപ്പെട്ടത് അത് ആ കയറല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ആ സത്യമല്ലാതെ മറ്റൊന്നുമല്ല ആ സത്യം തന്നെയാണ് അതുകൊണ്ട് ഉറപ്പിച്ചും പറയാം എന്താണോ ജഗത് സത്യം ഇത് സത്യം തന്നെയാണ് ഈ രണ്ടു ഭാഗം മനസ്സിലാക്കിയാലേ അദ്വൈതം പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ നമ്മൾ പറയുന്ന എന്താണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ അദ്വൈതത്തിന്റെ നേർപ്പകുതിയാകുന്നത് നേർപ്പകുതിയോടെ ഇനി മനസ്സിലാക്കാൻ കിടക്കയാണ് അതിന്റെ ഭാഗികമായ അറിവ് മാത്രമാണ് അതിന്റെ പൂർണമായ അറിവ് ഇതാണ് സർവഭാവന ഉത്പത്തിമന ഏവസത്വം സർവഭാവങ്ങളും ഒരു ദൃഷ്ടാന്തത്തിൽ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞാണ് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ രീതിയിൽ ഒരു അംശത്തിലൂടെ മനസ്സിലാക്കും പ്രപഞ്ചം ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടാത്ത വലിയൊരു കാര്യമാണ് നമ്മൾ തെറ്റിദ്ധരിക്കും വലിയ ശബ്ദങ്ങളാണ് അതുകൊണ്ടാണ് ചെറിയ ശബ്ദം ഉപയോഗിച്ച് പറഞ്ഞത് രജ്ജു സർപ്പം നമ്മുടെ മനസ്സിൽ ഓതുക്കി അതിനെ ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞു ഇനി പറയുന്ന സർവഭാവാന ഈ കാണുന്ന സർവ്വവും എന്ന് വെച്ചാൽ പ്രപഞ്ചങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചഘടകങ്ങളെല്ലാം ഉത്പത്തി പ്രാണബീജാത്മ ദേവസത്വം അത് ീജാത്മരൂപത്തിൽ പ്രാണബീജം എന്ന് പറയുന്ന അവ്യാകൃതനെ പറയുകയാണ് സത്വം അത് സത്വം തന്നെയായിരുന്നു ഏത് ഈ കാണുന്നതെല്ലാം സർവഭാവാനാം സത്വം എന്നാണ് പറയുന്നത് ഈ സർവഭാവങ്ങളും സത്വമാണ് സത്യമാണ് എങ്ങനെ സത്യമായിരിക്കുന്നു അതിന്റെ ആ പ്രാണബീജ രൂപത്തിൽ അവ്യാകൃത രൂപത്തിൽ അത് സത്വമാണ് സത്യമാണ് ശ്രുതിരഭിഭക്തി ഇത് അതുകൊണ്ട് ശ്രുതിയും പറയുന്ന എന്താണ് ബ്രഹ്മേദം അഗ്രേ ഇതം ഈ കാണുന്നതെല്ലാം ബ്രഹ്മയേവ എന്ന് ശ്രുതി പറയുന്നു ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കില്ല ഇതമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം ബ്രഹ്മേവ ബ്രഹ്മെന്ന് പറഞ്ഞാൽ സത്യം തന്നെ ബ്രഹ്മൊന്നും സത്യമൊന്നും പറഞ്ഞാൽ ഒന്നാണ് ഈ കാണുന്നതെല്ലാം സത്യം തന്നെ എന്നാണ് പക്ഷെ ആ ഭാഗം നമുക്ക് പിടികിട്ടത്തില്ല അദ്വൈതം മനസ്സിലാക്കിയിട്ട് നമുക്ക് പിടികിട്ടുന്ന എന്താണ് ഇതെല്ലാം മിഥ്യയാണ് ഇതേ പിടികിട്ടത്തുള്ളൂ എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് ശരിയല്ല അത് മിഥ്യാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സ് സത്യമല്ല അതിന് സത്യത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മറുവശമേ ഗ്രഹിക്കുക ആ നിഷേധഭാവത്തെ നമ്മൾ ഗ്രഹിക്കും സത്യത്തെ ഗ്രഹിക്കത്തില്ല ഇവിടെ എന്താണ് ശ്രുതി പറയുന്നത് ഇതം ബ്രഹ്മ ഇതപ്പോ ഇപ്പോ മാത്രമല്ല ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും ആത്മേവ ഇതം അഗ്രെ ആസീ അഗ്രെ സൃഷ്ടിക്കും മുമ്പ് ഇതെല്ലാം മഹാപ്രളയത്തിൽ ലയിച്ചിരുന്ന ഒരു അവസരം അതിനെടുക്കുക സമ്പൂർണ്ണ പ്രപഞ്ചവും മഹാപ്രളയത്തിൽ വിലയിച്ചിരുന്നു അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എടുക്കുക ഇതെല്ലാം മറഞ്ഞിരുന്ന സുഷുതിയിൽ പ്രാജ്ഞനായിരുന്ന സമയത്ത് ഇതെല്ലാം എന്തായി തന്നെയിരുന്നു ആത്മാവ താൻ തന്നെയായിരുന്നു അതാണ് പറയുന്നതെല്ലാം തന്നിൽ നിന്ന് വന്നു താൻ കാണുന്നതും താൻ അറിയുന്നതും എല്ലാം തന്നിൽ നിന്ന് വന്നു എന്ന് പറയുന്നതാണ് താൻ എവിടെയായിരുന്നു താൻ അവ്യാകൃതനോട് ഏകീഭവിച്ചിരുന്നു അവിടെ ഇതൊന്നും തനിക്ക് അനുഭവ വിഷയമായിരുന്നില്ല ഇതിനെക്കുറിച്ച് ഉണ്ടെന്നോ ഒന്നും തനിക്ക് പറയാൻ കഴിയുന്നില്ല ആ ഒരവസ്ഥയിൽ നിന്നാണ് അത് വന്നത് അവിടെ ഇതെല്ലാം താൻ തന്നെയായിരുന്നു ആത്മാവേവ താൻ തന്നെയായിരുന്നു നമ്മുടെ അനുഭവത്തിൽ ആ സുഷത്തയിൽ എന്നും പറയുന്നുണ്ട് ഇത് അവിടെയും യോജിപ്പിക്കാം സമഷ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കു അവിടെയും യോജിപ്പിക്കാം ഇവിടെ രണ്ടു കാര്യം പറയുക സൃഷ്ടിക്കു ഇതെല്ലാം ആ സത്യം തന്നെയായിരുന്നു ആയിരുന്നെങ്കിൽ സൃഷ്ടിക്കു ശേഷം ഇതെല്ലാം സത്യം തന്നെ ഇതിലെവിടെയാണ് മിഥ്യ അങ്ങനെയൊന്നുമില്ല അങ്ങനെ രണ്ടില്ല അദ്വൈതത്തെ നമ്മൾ ദ്വൈതമാക്കരുത് സത്യമൊന്നും മിഥ്യയെന്നും രണ്ടായി തിരിക്കരുത് അദ്വൈതമായി അത് വരാൻ പാടില്ല ഇനി മിഥ്യെന്ന് നിങ്ങൾക്ക് തിരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്ത് വേണം അതിന്റെ അർത്ഥം സത്യമാണെന്ന് മനസ്സിലാക്കിക്കോ അതാണ് ഇവിടെ പറയുന്നത് സർപ്പത്തെ കണ്ടു കഴിഞ്ഞു എനിക്കത് മറക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ആ സർപ്പത്തെ നിങ്ങൾ രജ്ജുവായി തന്നെ കാണുക അതാണ് അതിന്റെ സത്യം അപ്പൊ രജ്ജു മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതിനാണ് സത്കാര്യവാദം എന്ന് പറയുന്നത് എപ്പോഴും സത്ത് തന്നെ സിട്ടിക്ക് മുമ്പും സിട്ടിക്ക് പിമ്പും സൃഷ്ടിയിലും സത്ത് മാത്രം सर्वं चेदो पुरुषस्य ജലാർപ്പസമാ വിശുഭേദന ദതിരഭേദേഷ വിഭാവ്യമാന ചേംസവേതാ പുരുഷ പൃഥക്സൃതി വിഷയഭാവില അഗ്നിസ്ഫുലിംഗവക്ഷണാണ് ജലാർക്കവത് ജീവലക്ഷണ ഇവിടെ രണ്ടു തരത്തിലുള്ള സൃഷ്ടിയെ കുറിച്ച് പറയുകയാണ് ആദ്യം പറയുന്നത് സൃഷ്ടിക്കു മുമ്പും സൃഷ്ടിയുടെ സമയത്തും സൃഷ്ടിക്ക് ശേഷവും സത്യം മാത്രം അദ്വൈതം അത് പറഞ്ഞതിന് ശേഷം നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നമ്മുടെ അനുഭവത്തിൽ അദ്വീതമല്ല ഭോക്താവും ഭോഗ്യവും രണ്ടുമുണ്ട് വിശ്വതൈസപ്രാജ്ഞന്മാർ നമുക്ക് അനുഭവത്തിലുണ്ട് അവരുടെ ഭോഗ്യങ്ങൾ സ്ഥൂല സൂക്ഷ്മ ആനന്ദം ഇതുമുണ്ട് ഈ രണ്ടു തരത്തിലുള്ള സൃഷ്ടി ഈ ഒരു സത്യത്തിൽ നിന്നാണ് വരുന്നത് അതിനുവേണ്ടി ഇവിടെ പറഞ്ഞെന്താണ് സർവം ജനയതിരി പ്രാണഹ ീ പ്രാണൻ ഈ കാണുന്ന സർവത്തെയും സൃഷ്ടിക്കുന്നു പ്രാണൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണോ ആ ബീജാത്മാവായിരിക്കുന്നവൻ ആ ബീജാത്മത പ്രാണബീജാത്മത എന്ന് നേരത്തെ പറഞ്ഞു അത് നമ്മുടെ അനുഭവത്തിലുണ്ട് സുശൃത്തിയിൽ പക്ഷെ ആ അനുഭവം നമുക്കവിടെ പൂർണ്ണമല്ല എന്നാലും അവിടെ അനുഭവമുണ്ട് ആ ഏകീഭവനം അതിന്റെ അനുഭവം നമുക്കുണ്ട് ആ ഏകീഭവിച്ചിരിക്കുന്ന ആവ്യാകൃതൻ ആന്തരിയാമി തന്നെ സൃഷ്ടിക്കുന്നു എന്തിനെ ഈ ഭോഗ്യത്തെ എല്ലാം സൃഷ്ടിക്കുന്നു ദൃശ്യത്തെ സൃഷ്ടിക്കുന്നു രണ്ട് പിരിവായി ഇരിക്കുന്ന ഈ ദൃശ്യത്തെ സൃഷ്ടിക്കുന്നവനാണ് പ്രാണൻ അവന് പ്രാണനെന്ന് എന്തുകൊണ്ട് പറഞ്ഞ നേരത്തെ പറഞ്ഞു കാരണം അത് ബീജരൂപത്തിൽ ഇതിനെല്ലാം വിത്തായി അത് സ്ഥിതി ചെയ്യുന്നു ഇതിനെയെല്ലാം സൃഷ്ടിക്കത്തക്ക സാമർഥ്യത്തോടു കൂടി അത് സ്ഥിതി ചെയ്യുന്നു ആ വ്യാകൃതം അതിന്റെ ആ സാമർഥ്യത്തെയാണ് ഇവിടെ അവിദ്യയെന്നോ മായ എന്നോ ഒക്കെ പറയുന്നത് അതാണ് അതിന്റെ സാമർഥ്യം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത ഈശ്വരന്റെ സാമർഥ്യം അതുകൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു അതാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആ ദൃശ്യം ആ ദൃശ്യത്തിൽ പ്രാധാന്യം എന്തിനാണ് ആ മായയ്ക്ക് അല്ലെങ്കിൽ ആ വിദ്യയ്ക്കാണ് പ്രാധാന്യം കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് ചിത് അതിഥാത്മകം എന്ന് പറയും ചിത്തായും ജഡമായും ആ ചിത്തിന് പ്രാധാന്യം വരുന്ന ഇവിടെ ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം ജ്ഞാനം അറിവ് എന്നെല്ലാം പറയുന്നത് അതിന് പ്രാധാന്യം വരുന്ന ഇവിടെ ഈ ഭോക്തൃ രൂപത്തിലാണ് ആ ജീവൻ എന്നുള്ള ആ ഭാവത്തിലാണ് ഭോക്താവായിരിക്കും ഇതിനെയെല്ലാം അറിയുന്നവനും അനുഭവിക്കുന്നവനുമായിരിക്കുന്നു അവിടെയാണ് ആ പ്രാധാന്യം പക്ഷേ എന്തിനവൻ അറിയുന്നു എന്തിനവൻ അനുഭവിക്കുന്നു തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള സർവത്തെയും അതിനെവിടെ മൂന്നാം വിഭജിച്ചു എങ്ങനെ ോലം സൂക്ഷ്മം ആനന്ദം എന്നിങ്ങനെ മൂന്നാം വിഭജിച്ചു അതാണ് ദൃശ്യമല്ലെങ്കിൽ ഭോഗ്യം അതിനെ സൃഷ്ടിക്കുന്നതാണ് ഇവിടെ പറയുന്ന പ്രാണൻ അവ്യാകൃതൻ അതെന്തിനെ ആശ്രയിച്ചുകൊണ്ട് തന്റെ ആശക്തി ആശ്രയിച്ചുകൊണ്ട് അവിദ്യയെന്നോ മായയെന്നോ വിളിക്കുന്ന ശക്തി ആശ്രയിച്ചുകൊണ്ട് സൃഷ്ടിച്ചു ആ ശക്തിക്ക് പ്രാധാന്യം ആ സൃഷ്ടിയിൽ വന്നതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നു അജിത് ജഡം അത് ഭ്യമായിരിക്കുന്നു ഇനി അവിടെ മറ്റൊരംശെന്നാണ് ചിതംശം അതിനിടെ പറയുന്നു പുരുഷ തേജോംശുക്കൾ തേജോംശൂൻ എന്ന് പറയുന്നു തേജസിന്റെ അംശുക്കൾ തേജസിന്റെ കിരണങ്ങൾ ആ തേജസ്സിന്റെ കിരണങ്ങളായിരിക്കുന്ന ഇവിടെ ഈ ഭോക്താക്കൾ അവിടെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും പ്രാധാന്യം ചിത്തിനാണ് അപ്പോൾ അച്ചി പ്രധാനിയായി ചിത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടൊരു സൃഷ്ടി ആ സൃഷ്ടിയാണ് ഈ വിശ്വതേജസ്വ പ്രാജ്ഞ രൂപത്തിലുള്ള ഈ ഭോക്താക്കളുടെ സൃഷ്ടി അതിന് ഒറ്റ പേരിൽ സൃഷ്ടി എന്ന് പറയും ഇവിടെ രണ്ടു തരത്തിലുള്ള സൃഷ്ടിയുണ്ടെന്നാണ് പറയുന്നത് പ്രാണന്റെ സൃഷ്ടിയാണ് നമ്മളുടെ അനുഭവ വിഷയമായിരിക്കുന്ന ഭോഗ്യമല്ല ആ സൃഷ്ടിയാണ് ഈ ജീവന്മാർ എന്ന് പറയുന്നു പ്രാജ്ഞഭാവങ്ങളെല്ലാം ആ പുരുഷന്റെ സൃഷ്ടി രണ്ടും നമ്മളുടെ വ്യത്യാസം എന്താണ് ഒരു സ്ഥലത്ത് പ്രാധാന്യം പ്രകൃതിക്ക് അജിത്തിന് ജടത്തിന് പ്രാധാന്യം അതാണ് ഈ ദൃശ്യമായി ഒരു സ്ഥലത്ത് പ്രാധാന്യം ചിത്തിന് ജ്ഞാനത്തിന് അറിവിന് ബോധത്തിന് അതാണ് ഇവിടെ ഭോക്താവായി ദൃഷ്ടാവായി ജീവനായി നടക്കുന്നത് ഇവിടെ ഇപ്പോ ഞാനായിരിക്കുന്നത് അല്ലെങ്കിൽ ഭോക്താവായിരിക്കുന്നത് അല്ലെങ്കിൽ ദ്രഷ്ടാവായിരിക്കുന്നത് ഇത് കേവലി സൃഷ്ടി മാത്രമാണ് ചിത്തിന് പ്രാധാന്യമുള്ള ഒരു സൃഷ്ടി പുരുഷന്റെ ഒരു സൃഷ്ടിയാണ് പുരുഷഭാവത്തിൽ നിന്നും നമ്മൾ വേറെ സ്ഥലത്ത് പറയുമല്ലോ പുരുഷ ഏ വേദം സർവം ഇതെല്ലാം പുരുഷൻ തന്നെ എന്നെല്ലാം പറയും അപ്പൊ ജഗത്കാരണനായിരിക്കുന്ന ആ പരമാത്മാവിനെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് ആ പുരുഷൻ എങ്ങനെയാണോ അഗ്നിയുടെ കിരണങ്ങൾ അതുപോലെ തന്നിൽ നിന്ന് സൃഷ്ടിച്ചാണ് അഗ്നി അതിന്റെ കിരണങ്ങളെ അതുതന്നെ സൃഷ്ടിക്കുന്നതാണ് സൂര്യൻ അതിന്റെ രശ്മികളെ അതുതന്നെ സൃഷ്ടിക്കുന്നതാണ് അതുപോലെ ആ പരമാത്മ ചൈതന്യം തന്റെ തന്നെ അംശങ്ങളായി സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഭോക്താക്കളെ ഈ ജീവന്മാരെ അതുകൊണ്ടിത് ഒരു സൃഷ്ടി മാത്രമാണ് ഈ സൃഷ്ടാവല്ല താൻ സൃഷ്ടാവല്ല തനിക്കൊന്നിനും സൃഷ്ടിക്കുന്നതിന് ശേഷം തനിക്കെന്താണ് തന്റെ ദൃശ്യത്തെ ഭോഗ്യത്തെ അനുഭവിക്കാനേ പറ്റും സൃഷ്ടിക്കാൻ സാധ്യമില്ല അതുകൊണ്ട് തന്നെ ആ പുരുഷന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ ജീവന്മാർക്ക് പൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയിട്ടില്ല അവനീ അവിദ്യയ്ക്ക് അധീനനായി മായയ്ക്ക് അധീനനായി അവൻ ഇതിനെല്ലാം അനുഭവിച്ചു പോകും അതുകൊണ്ടാണ് തുടങ്ങിയപ്പോഴേ പറഞ്ഞെന്താണ് ഇതിൽ എന്റെ സങ്കല്പമാണ് ഈ അബദ്ധമാണ് എന്റെ കല്പനയാണ് എന്ന് പറയരുത് എന്തുകൊണ്ട് താനൊരു സൃഷ്ടിയാണ് ഇത് താൻ സൃഷ്ടിച്ചത് പിന്നെ ആരാണ് പ്രാണൻ പ്രാണൻ സൃഷ്ടിച്ചാണ് സർവം സർവം ജനയതി പ്രാണ എന്നാണ് പറഞ്ഞത് ആ പ്രാണനാണ് നമ്മൾ പറഞ്ഞത് അന്തര്യാമി അവ്യാകൃതൻ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ കാണുന്ന എല്ലാം സൃഷ്ടിച്ചത് താൻ ആ സൃഷ്ടിയുടെ ഒരു ഭാഗമായി പോയി തനിക്കൊരിക്കലും സൃഷ്ടാവാകാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്റെ കൽപ്പനയാണിതൊക്കെ അതാണ് അദ്വൈതം എന്ന് പറയുന്നത് വെറും മൂഢതയാണ് കഥയറിയാതെ പാട്ടം കാണുന്നു എന്ന് പറയുന്നത് പല പുസ്തകങ്ങളിലും അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന്റെ താൽപ്പര്യം അതല്ല അതിന്റെ വാക്യാർത്ഥത്തിൽ കറങ്ങിയിട്ട് നമ്മൾ ധരിച്ചുപോയെന്താണോ അതാണെ ദു എന്താണോ ഇതൊക്കെ എന്റെ സങ്കല്പമാണ് ലോകമല്ല ഇതാണോ സൂര്യനും ചന്ദ്രനുമൊക്കെ എന്റെ സങ്കല്പമാണ് ഞാൻ സൃഷ്ടിച്ചതാണ് അതല്ല അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താണ് പ്രാണ ജനയതി സർവം ആ പ്രാണൻ എന്താണെന്ന് വിശദമായ ഭാഷകാരം പറഞ്ഞു ജന്മാധ്യസ്ഥ യഥ ശാസ്ത്രയോനിത്വ തുടങ്ങിയ സൂത്രങ്ങളിലൊക്കെ ബ്രഹ്മസൂത്രത്തിൽ ഇതുതന്നെ പറയുന്നു നീ സൃഷ്ടിയാണ് നിന്റെ സൃഷ്ടാവ് വേറെയാണ് ഇവിടെ നമുക്ക് ആശയക്കുഴപ്പം വരുന്ന ഇവിടെയാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ഭ്രമം ഉണ്ടാകുന്നത് ആ ചൈതന്യമാണ് നിന്റെ പരമാർത്ഥ അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഭ്രമം വരും ഭ്രമം വന്നിട്ട് ഈ ഞാനായിരിക്കുന്ന എന്റെ ഈ അവസ്ഥയിൽ ഞാൻ തന്നെയാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചതെന്ന് സൃഷ്ടിയായിരിക്കുന്ന ഞാൻ തന്നെയാണ് സൃഷ്ടാവെന്ന് ഭ്രമിച്ചു പോവും ആ ഭ്രമം അദ്വിതമല്ല അത് അജ്ഞാനമാണ് അജ്ഞാനകാര്യമാണ് അതിവിടെ വ്യക്തമായി പറയും സർവം ജനയുതി പ്രാണഹ ഇത് സ്ഥലതിരിഞ്ഞാണ് തിരിച്ചിരിക്കുന്ന എങ്കിലും അയാൾക്ക് തോന്നുന്നു ഞാൻ പുതിയൊരു അദ്വൈതം ഇവിടെ പ്രസംഗിക്കണമെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ അത് വ്യക്തമായി പറയുന്ന എന്താണ് സർവം ജനയതി പ്രാണ പ്രാണൻ സർവത്തെയും ഈ കാണുന്ന സർവദൃശ്യത്തെയും പ്രാണൻ സൃഷ്ടിക്കുന്നു തേജവംശൂർ സൂര്യന്റെ കിരണങ്ങളെപ്പോലെയിരിക്കുന്ന അല്ലെങ്കിൽ സൂര്യന്റെ പ്രതിബിംബങ്ങളെപ്പോലെയിരിക്കുന്ന പുരുഷൻ സൃഷ്ടിക്കുന്നു പൃഥക് എങ്ങനെ ഈ ജഡത്തിൽ നിന്ന് അങ്ങനെയാണ് ഇവിടെ ജഡവും ചൈതന്യവും പറയുന്ന രണ്ടു വസ്തുക്കൾ ഉണ്ടായത് ചൈതന്യം ഭൂക്താവായും ദൃഷ്ടാവായും ഇരിക്കുന്നു ജഡം ദൃശ്യമായും ഇരിക്കുന്നു ഇത് രണ്ടും എന്തുകൊണ്ടുണ്ടായി മുമ്പ് പറഞ്ഞു എന്താണ് ഉഭയം മേദ ഇതിനറിയുന്നവൻ ഭുഞ്ചാനോ നലിപ്പിയതെ എന്ന് പറഞ്ഞു അതിന്റെ പാരമാർത്ഥിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു അത് മറ്റൊന്നാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ചുള്ള അനുഭവം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവം ഇതിന് നമുക്ക് ഭ്രമം ഉണ്ടാകാൻ പാടില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു ഈ സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അംശവൈഹ രേ രവിയുടെ കിരണങ്ങളെപ്പോലെ ോരോ ജീവന്മാരും ദൃഷ്ടാവും ഭോക്താവുമായിരിക്കുന്ന ഈ വിശ്വതൈസപ്രാജ്ഞന്മാര് സൂര്യന്റെ കിരണങ്ങളെ പോലെയാണ് അതിന്റെ അംശങ്ങളാണ് ചിതംശങ്ങളാണ് തേജവംശുവിനെന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ അംശങ്ങളാണ് കിരണങ്ങളാണ് അല്ലാതെ അംശങ്ങളെന്നും പറയാം അതുപോലെ എന്ന് പറയും രവി ചിതാത്മത അച്ഛാത്മാവായിരിക്കുന്നവനാണ് പുരുഷൻ പുരുഷൻ ചിത് പ്രധാനിയായിരിക്കുമ്പോൾ ആ ചിത്തിനു പ്രാധാന്യം കൊടുത്തൊരു സൃഷ്ടി നടത്തുമ്പോൾ അവിടെ ജഡത്തിന് പ്രാധാന്യമുണ്ട് ജഡമുണ്ട് മായയുണ്ട് അവിദ്യയുണ്ട് പക്ഷെ അതിനുള്ള പ്രാധാന്യം ആ ചേതവംശത്തിനാണ് പ്രാധാന്യം ആ ചേതവംശത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു സൃഷ്ടി നടത്തുമ്പോൾ എന്തുവരുന്ന വിജീവഭാവം ഉണ്ടാവുന്നു അവിടെയാണ് ഈ വിശ്വതപ്രാജ്ഞന്മാരുണ്ടാവുന്നത് ചേതോ രൂപ സമാഹ അത് ജലാർക്കനെ പോലെയാണ് വെള്ളത്തിൽ കാണുന്ന സൂര്യനെ പോലെയാണ് അത്രയുള്ളതിന്റെ ധാന് വെള്ളത്തിൽ കാണുന്ന ആ സൂര്യൻ സൂര്യന്റെ പ്രതിബിംബമായിരിക്കുന്ന ആ സൂര്യന് ജലാർക്ക സൂര്യന് എന്താ അതിന് വെള്ളത്തെ സൃഷ്ടിക്കാൻ കഴിയും സൂര്യനെ സൃഷ്ടിക്കാൻ ഒന്നുമില്ല അത് വെറും നിസ്സഹായനാണ് അതാണ് ഈ ജീവന്റെ അവസ്ഥ പറയുന്നു ജലാർക്ക സമാഹ ശരി ഒന്ന് നമുക്ക് പറയാം എന്താണ് അത് പരമാർത്ഥത്തിൽ ആ സൂര്യനിൽ നിന്ന് വേറെ ആ സൂര്യൻ തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നാൽ അതാണോ പരമാർത്ഥ സൂര്യൻ ജലാർഹ സൂര്യനാണോ അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആ ജലാർക്ക സൂര്യന്റെ സമമാണോ ഓരോ ജീവൻ അവനെങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും അവന് സർവജ്ഞ സർവജ്ഞനും സർവ്വശക്തനുമായി ഈശ്വരനാകാൻ എങ്ങനെ കഴിയും അത് കഴിയത്തില്ല ആ ജലാർത്ഥ സമാ പ്രാജ്ഞ തേജസ്സ വിശ്വഭേദേന അവനാണ് ഈ പ്രാജ്ഞ തേജസ്സ വിശ്വരൂപത്തിലിരിക്കുന്നത് ആര് ജലാർത്ഥനാണ് സൂര്യനിൽ കാണുന്ന വെള്ളത്തിൽ കാണുന്ന ആ സൂര്യപ്രതിബിംബങ്ങളെപ്പോലെ ഇരിക്കുന്ന ജീവന്മാരാണ് സൂര്യപ്രതിബിംബമായിരിക്കുന്ന അതിനു തുല്യമാണ് ജലത്തിലെ സൂര്യപ്രതിബിംബ സമമാണ് ആ വിശ്വഭേദമെന്ന് പറയുന്നു പറയും അതെങ്ങനെ ദേവ തിരിയുക ദേവ തിരിയകാതി ദേഹഭേദേഷു ഈ ഭിന്നദേഹങ്ങളിൽ വിഭാവ്യമാന ഭവിച്ചിരിക്കുന്നവ ഈ പല ദേഹങ്ങളിൽ അനുഭവപ്പെടുന്നവർ ഇതെല്ലാം ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ ശരീരത്തിലാണ് ഈ ശരീരത്തിലൂടെയാണ് ഇത് പ്രകാശിക്കുന്നത് വിശ്വനായും തേജസ്സിനായും പ്രാജ്ഞനുമായെല്ലാം പ്രകാശിക്കുന്നത് ഇത് കേവലം പ്രതിബിംബതുല്യമാണ് ചൈതന്യമാണെങ്കിലും അത് അതിന് പ്രതിബിംബത്തിന്റെ സ്ഥാനമേ ഉണ്ട് ചേതവംശവഹ ആ ചേതസിന്റെ കിരണങ്ങളാണത് ആ ചേതസ് സ്വയം തന്റെ കിരണങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചേതസ്സാണ് അവിടെ സൃഷ്ടികർത്താവായിരിക്കുന്ന ഈ കിരണങ്ങളല്ല ഈ താൻ ഇവരെല്ലാം തീയുന്നു പുരുഷ സൃജതി ഇതിനെല്ലാ പുരുഷനാണ് സൃഷ്ടിച്ചത് സൂര്യൻ തന്റെ കിരണങ്ങളെ സൃഷ്ടിച്ചതുപോലെ ആ പരമാത്മാവ് ഈ ജീവന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു എങ്ങനെയുള്ള ജീവന്മാർ ഭോക്താവായും ദൃഷ്ടാവായും വിശ്വതേജസ്വ പ്രാജ്ഞ രൂപത്തിനെ വിരിക്കുന്ന ഈ ജീവന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതെ തേജസ്സിന് പ്രാധാന്യം വരുന്ന സൃഷ്ടി ചൈതന്യത്തിന് പ്രാധാന്യം വരുന്ന സൃഷ്ടി ചിത് പ്രധാനമായ സൃഷ്ടി ഇതാണ് എന്നർത്ഥം പൃഥക് അത് വേറിട്ട് സൃഷ്ടിച്ചതിൽ നിന്നും ആ വിഷയങ്ങളിൽ നിന്നും താൻ പ്രാണരൂപത്തിൽ മറ്റൊരു സൃഷ്ടി നടത്തിയതും അതിൽ നിന്നും വേറിട്ട് പുരുഷനായി നിന്നുകൊണ്ട് വേറൊരു സൃഷ്ടി നടത്തി അതാണ് പൃഥക് വിഷയഭാവ വിലക്ഷണം ആ വിഷയ വസ്തുക്കളിൽ നിന്നും ഭിന്നമായി വിഷയവസ്തുക്കളെന്ന് പറയുന്ന എന്ത് ഈ ജാഗ്രത സ്വപ്ന സുഷുക്തികളിൽ നമുക്ക് അനുഭവപ്പെടുന്ന സ്ഥൂല സൂക്ഷ്മ ആനന്ദ വിഷയം അതിൽ നിന്നും വേറിട്ടെ വിഷയഭാവ വിഷയ വസ്തുവിലാണ് ഇനി താൻ സൃഷ്ടിച്ചതോ ഈ പുരുഷൻ സൃഷ്ടിച്ചതോ പറയുന്നു അഗ്നി വിസ്ഫുലിംഗവും സ്ഥലക്ഷണ തന്നെപ്പോലെയുള്ളതിനെ സൃഷ്ടിച്ചു താൻ ചൈതന്യ സ്വരൂപനാണ് പുരുഷൻ അതുകൊണ്ട് അഗ്നി വിസ്ഫുലിംഗങ്ങളെപ്പോലെ അഗ്നിയിലെ തീപ്പൊരികളെപ്പോലെ സലക്ഷണാണ് സമാന രൂപത്തിലുള്ളവയെ സൃഷ്ടിച്ചത് അതാണ് ജീവന്മാർ ആ ജീവനാണ് അഭിമാനിക്കുന്നത് എന്താണ് താനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അത് യാതൊരു കഴമ്പുമില്ലാത്ത ഒരു അഭിമാനമാണ് തനിക്കൊന്നിനെ സൃഷ്ടിക്കാൻ ശേഷി തന്നിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുന്നത് പോലും നിയന്ത്രണത്തിനോ തന്റെ ശക്തിക്കോ ഒന്നും അധീനമല്ല തന്റെ സൃഷ്ടിയായിരിക്കുന്ന തന്റെ വികാര വിചാരങ്ങൾ പോലും തനിക്കധീനമല്ല തന്റെ സ്വാധീനത്തിനും തന്റെ നിയന്ത്രണത്തിനും വേണ്ട പിന്നെ അവനെങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയും പക്ഷെ അവനെ സംരക്ഷണമായി തന്റെ തന്നെ രൂപത്തിൽ തന്റെ തന്നെ ആ ജലാർക്കവ കേവലം പ്രതിബിംബ രൂപത്തിൽ സൃഷ്ടിച്ചു ജീവലക്ഷണ അതെന്താണ് അതാണ് ജീവന്മാർ എന്ന് ജീവ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു ഇതരാൻ സർവഭാവാൻ പ്രാണോ ബീജാത്മാജന ബാക്കിയുള്ള സർവത്തിനെയും പുരുഷൻ ചൈതന്യരൂപനായി നിന്നുകൊണ്ട് ഈ ജീവന്മാരെല്ലാം സൃഷ്ടിക്കുമ്പോൾ അതേ ചൈതന്യം തന്നെ പ്രാണഭാവത്തിൽ ബീജാത്മാഭാവത്തിൽ നിന്നുകൊണ്ട് സർവാൻ ഭാവാൻ സർവ വസ്തുക്കളെയും ദൃശ്യങ്ങളെയും സൃഷ്ടിക്കുന്നു അതിനുദാഹരണം പറയുന്നു യഥോർണ്ണനാഭി സൃജതയെ ജീർണതയെ ശ്രുതി പറയുന്നു എങ്ങനെയാണോ പൂർണനാഭി ചിലന്തി തന്നിൽ നിന്ന് തന്നെ നൂലെടുത്ത് അതിന്റെ വലയെ നെയ്യുന്നു അന്ന് തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നു അനംഗ്ലേ അഗ്നിസ്ഫുലിംഗ് എങ്ങനെയാണോ അഗ്നിയിൽ നിന്ന് ക്ഷുദ്രങ്ങളായ അൽപങ്ങളായ നിസ്സാരങ്ങളായ അതിന്റെ സ്ഫുലിംഗങ്ങൾ പുറപ്പെടുന്നത് അഗ്നിയുടെ മഹത്വം ആ ക്ഷുദ്രങ്ങളായ വിസ്ഫുലിംഗങ്ങൾക്ക് ഇല്ല എന്തുകൊണ്ട് അത് ക്ഷണം കൊണ്ടുണ്ടാകുന്നു ക്ഷണം കൊണ്ട് നശിച്ചുപോകുന്നു അതുകൊണ്ടാണ് അതിന് ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ അല്പം മാത്രമാണ് അതാണോ അഗ്നിയെ സൃഷ്ടിച്ചത് ഒരിക്കലുമല്ല മറിച്ച് അതാണ് അഗ്നി ആണ് അതിനെ സൃഷ്ടിച്ചത് അപ്പൊ ജീവൻ ആ സ്ഥാനമേയുള്ളൂ അതിന്റെ പരമാർത്ഥ തത്വം അഗ്നി തന്നെ എന്നാലും അത് സൃഷ്ടിക്ക് അധീനമായി പോയാൽ സൃഷ്ടിക്കത് വശമ്മതനായി പോയാൽ അതിന്റെ സ്ഥാനം ക്ഷുദ്രമാണ് അല്പമാണ് അത് അഗ്നിയായിരുന്നപ്പോൾ അത് പൂർണമായിരുന്നു പക്ഷെ അത് സ്ഫുലിംഗമായപ്പോൾ അതിന്റെ എല്ലാ ശക്തിയും ബോധിച്ചു അതുകൊണ്ടത് പറഞ്ഞു എന്താണ് ക്ഷുദ്രമാണ് അല്പമാണ് അതാണ് ഇവിടെ ജീവന് സംഭവിച്ചിരിക്കുന്നത് പരമാർത്ഥത്തിൽ താൻ സർവജ്ഞനും സർവശക്തനുമായ ആ പരമാത്മ ചൈതന്യം തന്നെ പക്ഷേ ഈ സൃഷ്ടിയിൽ വന്നിട്ട് പിന്നെ അത് അഭിമാനിക്കാൻ പാടില്ല ഞാൻ ആ പരമാത്മാവാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്തുകൊണ്ട് താൻ ക്ഷുദ്രമായി പോയി ആ സൃഷ്ടിക്ക് അധീനനായിപ്പോയി മായയ്ക്ക് അല്ലെങ്കിൽ അവിദ്യയ്ക്ക് അധീനനായിപ്പോയി അവിടെ പിന്നെ പരമാത്മാഅ അഭിമാനത്തിൽ യാതൊരു അർത്ഥവും അവിടെ അവന് ജനനവും മരണവും എല്ലാം സംഭവിക്കുന്നു അവൻ അജ്ഞനായി അവൻ ദുഃഖിക്കുന്നു എന്നിട്ടും അവൻ താൻ അതാണ് എന്ന് പറയുന്നതിൽ ആ ജ്ഞാനത്തിലിരുന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവൻ അതിനൊന്നും മുക്തനാകും മുക്തനായാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതെന്നോ ഇതെന്നോ പറയാനില്ല ഇത്യാദി ശ്രുതി ചെയ്യും ശ്രുതി ഈ രണ്ട് ഭാവത്തെയും വ്യക്തമായി കാണിക്കുന്നു രണ്ടു തരത്തിലുള്ള സൃഷ്ടി ഒന്ന് ആ പരമാത്മചൈതന്യം തന്നെ പ്രാണാത്മാവായി ബീജാത്മാവായി ഇരുന്നു ഈ ദൃശ്യത്തെല്ലാം സൃഷ്ടിക്കുന്നു അതേ പരമാത്മചൈതന്യം തന്നെ തേജപ്രധാനിയായിരുന്നു ചൈതന്യപ്രധാനിയായിരുന്നു കൊണ്ട് ഈ ജീവന്മാരെ സൃഷ്ടിക്കുന്നു അങ്ങനെ രണ്ടു തരത്തിൽ സൃഷ്ടിയുണ്ടാകുന്നു ഇതിന്റെ തത്വത്തെ അനുഗ്രഹിക്കുന്നവൻ അവനെ ഈ സൃഷ്ടി ബന്ധിക്കുന്നില്ല അതാണ് ഇന്നുമ്പോൾ പറഞ്ഞത് അതിനെ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്തത് പ്രഭവ സർവഭാ സതാ ഇതിനിശ്ചയ സർവം ജനയതി പ്രാണ ഇവിടെ ഇപ്പോ ചർച്ച ചെയ്തത് സൃഷ്ടിയെ കുറിച്ചാണ് ഈ സൃഷ്ടിയെ കുറിച്ച് ഏതെല്ലാം തരത്തിൽ സങ്കല്പിക്കാം സൃഷ്ടിയെ കുറിച്ച് പല കൽപ്പനങ്ങളുണ്ട് ഈശ്വരനെ അംഗീകരിച്ചുകൊണ്ടും ഈശ്വരനെ നിഷേധിച്ചുകൊണ്ടും എല്ലാം ഉണ്ട് കൽപ്പന അപ്പൊ ഈശ്വരനെ അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പനയാണ് ഇവിടെ അവസാനമായി സ്വീകരിക്കുന്നത് അതും സൃഷ്ടിയെ സൃഷ്ടാവിൽ നിന്ന് വേറിട്ട് കാണുന്ന ഒന്നിനെ ഇവിടെ സ്വീകരിക്കുന്നുമില്ല ഇവിടെ പറയുന്നതെല്ലാം പല പക്ഷങ്ങളും ആധ്യാത്മികമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അവിടെ ചെറിയ വ്യത്യാസമേ അതാണ് പറയുന്നത് വിഭൂതി പ്രസവം മന്യന് സൃഷ്ടിചിന്ത സ്വപ്നമായാ സൃഷ്ടിരന്യേർവി കല്പിത ഗീതയിൽ വിഭൂതിവിസ്തരം എന്ന ചർച്ച ചെയ്തിട്ടുണ്ട് ആ രീതിയിലല്ല ഇവിടെ പറയുന്നു സൃഷ്ടിചിന്തകാഹ അതിവിടെ സൃഷ്ടി ചിന്തകന്മാരെന്ന് പറയുന്നത് സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായും പറയുന്നത് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നവര് തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഈശ്വരന് പ്രാധാന്യം കൊടുത്ത് ചട്ടിക്കുന്നു മറ്റൊന്ന് സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നു അപ്പോൾ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്താണ് ചിന്തിക്കുന്നതെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചാലോ അതൊന്നും ആത്യന്തികമായി ശരിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്തുകൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവുമെന്ന് പറയുന്ന നമുക്ക് അനുഭവപ്പെടുന്ന ഈ രണ്ടെണ്ണത്തിൽ പ്രാധാന്യം സൃഷ്ടിക്കല്ല സൃഷ്ടാവിനോ അതിന്റെ സൃഷ്ടി ചിന്തകന്മാരെന്ന് പറയുമ്പോൾ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അവരുടെ കാഴ്ചപ്പാട് ഏതായാലും ശരി അത് പൂർണ്ണമാകാൻ വഴിയില്ല എന്തുകൊണ്ട് അവർ സൃഷ്ടാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അദ്വീതിയുടെ നിലപാടെന്താണോ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ അത് സൃഷ്ടാവിനെ അറിയാൻ വേണ്ടി മാത്രമായിരിക്കും സൃഷ്ടിയുടെ വൈദ്യുത്രിയത്തെ അറിയാൻ വേണ്ടിയായിരിക്കരുത് സൃഷ്ടിയുടെ വൈദ്യുത്രി എന്ന് പറഞ്ഞാൽ സൃഷ്ടി എങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ നിലനിൽക്കുന്നു ഇതിലെന്തൊക്കെ പരിണാമങ്ങൾ സംഭവിക്കാം ഇതെങ്ങനെ അവസാനിക്കുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിനുവേണ്ടിയായിരിക്കരുത് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് മറിച്ച് ഇതിനൊരടയാളമായിട്ടെടുക്കുക എന്ന് പറഞ്ഞു എന്താണോ ബ്രഹ്മം വ്യവഹാരിയമാണ് അതിനൊരു അടയാളം ഒരു ലിംഗം ആവശ്യമാണ് എന്തിനാ ഈ സൃഷ്ടി സൃഷ്ടാവിനെ അറിയുന്നതിനുള്ള ഒരു അടയാളമായി മാത്രമേ ഇതിനെ സ്വീകരിക്കു സഹായിക്കുന്ന അത്രയും മാത്രം സൃഷ്ടിയെ കൂടി ചിന്തിച്ചാൽ മതിയെന്നുള്ളതാണ് കാരണം ഇവിടെ മുഖ്യം സൃഷ്ടാവാണ് അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന ഒരു പറയണെന്താണ് ഇതൊരു വിഭൂതിയാണ് ഈശ്വരന്റെ തന്നെ വിഭൂതർ വിസ്താര ഈശ്വരന്റെ ഒരു വിസ്താരമാണിത് എന്ന് ചിലർ പറയുന്നു ഈശ്വരൻ വിസ്തരിച്ചിരിക്കുകയാണ് വലുതാക്കിയിരിക്കുന്ന ഒന്നാണ് വിസ്തരിക്കുക എന്നിട്ട് വലുതാക്ക ഒന്നാണ് ഈ സൃഷ്ടി എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ തത്വബോധം ഉണ്ടാവണമെന്നില്ല കാരണം സൃഷ്ടികർത്താവായി ഈശ്വരനെ അംഗീകരിക്കുന്ന പലരും ദാർശനികന്മാർ പോലും ഈ സൃഷ്ടിയും സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തെ ശരിക്കും മനസ്സിലാക്കുന്നില്ല ഗൗതമൻ കണാതൻ തുടങ്ങിയ ആചാര്യന്മാർ പറയുന്നെന്താണോ സൃഷ്ടി ഇവിടെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൃഷ്ടാവ് ഉണ്ടായ തീരും അങ്ങനൊരു സൃഷ്ടാവുണ്ട് പക്ഷേ ആ സൃഷ്ടാവിൽ നിന്ന് വേറെയാണ് സൃഷ്ടിച്ചത് വിസ്തൃതമായി പ്രപഞ്ചത്തെ ആ സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുകയാണ് സൃഷ്ടാവ് വേറെയാണെന്ന് പറയുന്നു അതാണ് വിസ്തരിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയായ കാഴ്ചപ്പാടല്ല ഇവിടെ പറയുന്ന കാഴ്ചപ്പാടെന്താണ് ദേവശേഷ സ്വഭാവോയം ഇവിടെ ആ സൃഷ്ടിയെ സർഷ്ടാവിൽ നിന്നും വേർതിരിക്കാൻ സാധ്യമല്ല സ്വഭാവം എന്ന് പറയുന്നത് അതാണ് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതവന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ അതവനിൽ നിന്നും മാറ്റാൻ പ്രയാസമാണെന്നാണ് അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണമെന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിന്നും ഉഷ്ണത്തെ മാറ്റാൻ പറ്റില്ല എന്നാണ് അതുപോലെ സൃഷ്ടാവിന്റെ സ്വഭാവമായിരിക്കുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത് എന്ന് പറയുമ്പോ ആ സൃഷ്ടാവിന്റെ സൃഷ്ടാവ് വലുതാക്കിയ ഒന്നാണ് സൃഷ്ടി എന്നുള്ളത് സ്വീകരിക്കാൻ ഒക്കത്തില്ല എന്തുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നു അവർ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നു സൃഷ്ടാവിനല്ല അതാണ് സൃഷ്ടി ചിന്തകാഹമന്യന്തേ എന്നത് പരമാർത്ഥ ചിന്തകാനാം പരമാർത്ഥ ചിന്തകന്മാർ എന്ന് പറഞ്ഞു സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുന്നു സൃഷ്ടിയുള്ള പരമാർത്ഥം സൃഷ്ടാവാണ് അല്ലെങ്കിൽ സൃഷ്ടിയുടെ പരമാർത്ഥം എന്താണെന്ന് ചിന്തിക്കുന്നവർ പരമാർത്ഥ തത്വത്തെ ചിന്തിക്കുന്നവർ അവർക്ക് സൃഷ്ടവും ന ആദര സൃഷ്ടിയിലുള്ളവർക്ക് ശ്രദ്ധയില്ല സൃഷ്ടിയുടെ വൈവിധ്യത്തിലുള്ളവർക്ക് ശ്രദ്ധയില്ല അതാണ് സൃഷ്ടവും ന ആദര സൃഷ്ടിയുടെവർക്ക് ആദരമില്ല ശ്രദ്ധയില്ല എന്നുവെച്ചാൽ സൃഷ്ടിക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഇന്ദ്രോ മായാഭിരൂപേ ഇതി ശ്രുതേ ആ ശ്രുതി വ്യക്തമായി പറയുന്ന എന്താണ് ഇന്ദ്രൻ എന്നുവെച്ചാൽ പരമാത്മാവ് പുരാണത്തിലെ ഇന്ദ്രനല്ല ആ പരമാത്മാവ് മായാഭി തന്റെ മായകളെ കൊണ്ട് തന്റെ ശക്തികളെ കൊണ്ട് പൊതുരൂപ ബഹുരൂപത്തിൽ നാനാ രൂപത്തിൽ ഈയതേ പ്രതീയതെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നാണ് എന്നാലും ശ്രീ പറയുന്നു ആ കൃഷ്ടാവ് തന്റെ ശക്തി വിശേഷങ്ങൾ കൊണ്ട് അവൻ തന്നെ പലതായി അനുഭവപ്പെടുന്നതാണ് സൃഷ്ടി അല്ലാതെ ഗൗതമനും കണാതനും മറ്റും പറയുന്നതുപോലെ അവനിൽ നിന്ന് വേറിട്ട് അവൻ വലുതാക്കി കാണിക്കുന്ന അല്ല അവൻ തന്നെ പലതായി തീരുന്നതാണ് അതാണ് ഇതാണ് ശ്രുതി ഇതാണ് മുഖ്യം അതുകൊണ്ടാണ് അവസാനം പറയുന്ന എന്താണ് ദേവസ്വേഷ സ്വഭാവം ഈ കാണുന്നതെല്ലാം എന്താണ് അവന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ തന്നെ പലതായിരിക്കുന്നതാണ് അവിടെ സൃഷ്ടിയേയും സൃഷ്ടാവിനെയും ആത്യന്തികമായി വേർതിരിക്കാൻ സാധ്യമല്ല ഇവിടെ ശ്രുതി വ്യക്തമായി പറയൽ എന്താണ് കുരു രൂപം ആ സൃഷ്ടാവ് പല രൂപത്തിൽ ഈയതേ പ്രതീയതയെന്നാണ് അനുഭവപ്പെടുന്ന ആർക്ക് ജീവന്മാർക്ക് ജീവന്മാർക്ക് അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ആ സൃഷ്ടാവിന്റെ തന്നെ ബഹുരൂപമെന്നാണ് സൃഷ്ടിയെന്നും സൃഷ്ടാവെന്നും ഇങ്ങനെ വേർതിരിക്കാൻ പറ്റും അങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആ കാഴ്ചപ്പാട് ശരിയല്ല വിഭൂതിയെന്ന് സൃഷ്ടിയെ വിളിക്കുന്നവരുദ്ദേശിക്കുന്ന അതാണെന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇവിടെ അദ്വൈതയുടെ നിലപാടെന്താണോ സൃഷ്ടി മായാമയമാണ് ഇന്ദ്രജാലമാണ് എന്ന് തന്നെയാണ് അത് വിശദീകരിക്കുന്നു എന്ന് പറയുമ്പോ മായ ഇന്ദ്രജാലം എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന സങ്കല്പങ്ങളിലൂടെയാണ് മനസ്സിലാക്കരുത് മായ എന്നോ അല്ലെങ്കിൽ ഇന്ദ്രജാലോ എന്നോ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ിൽ നിന്നോ ഇന്ദ്രജാലക്കാരിൽ നിന്നോ വിശേഷിച്ച് വേറിട്ടൊന്നും അവിടെയില്ല അതിനൊരുദാഹരണം കാണിക്കുകയാണ് അല്ലെങ്കിൽ മായ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ധരിച്ചുപോകും ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ മറ്റെന്തോണം ധരിച്ചു മായ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നഹി മായാവിധം സൂത്രമാകാശെ വിക്ഷിപ്പ്യ തേന സായുധം ആരുഹ്യ ചക്ഷുർഗോചരത അതീത്യ വിധേനഖണ്ഡിം പതിതം പുനരുദ്ധിതം ച പശ്യതാം തത്കൃത മായാദി സിന്തായത് പഴയകാലത്ത് കാണിച്ചിരുന്ന ഒരു ഇന്ദ്രചാരത്തെ കുറിച്ച് ഇന്നാരെങ്കിലും ഇങ്ങനെ ഇന്ദ്രചാരം കാണിക്കുമെന്നറിയത്തില്ല ആ ഇന്ദ്രചാലക്കാരൻ എന്താണ് ചെയ്യുന്നത് അയാളൊരു തുറസ്സായ സ്ഥലത്ത് നിന്നിട്ട് മായാവി എന്ന് പറയും ഇന്ദ്രചാരക്കാരൻ സൂത്രമാകാശം നിക്ഷിപ്പി അയാളുടെ കയ്യിലൊരു നൂലുണ്ടായിരിക്കും ആ നൂല് ആകാശത്തിലേക്ക് എറി എറിഞ്ഞുകഴിഞ്ഞാൽ ആ നൂനന്തയും ആകാശത്തിൽ വടി പോലെ നിൽക്കും എന്ന് നമ്മൾ കാണുന്നു ഇന്ദ്രജാലം കാണാൻ പോയിരിക്കുന്നവരത് കാണുകയാണ് തേനസായുധം ആരോഹ്യ പെട്ടെന്നവിടെ ഇന്ദ്രജാലക്കാരൻ അപ്രത്യക്ഷനാവും പിന്നെ നമ്മൾ എന്താണ് കാണുന്നത് ആ ഇന്ദ്രജാലക്കാരൻ ഒരു യോദ്ധാവിനെ പോലെ വാളും എല്ലാം ധരിച്ചുകൊണ്ട് ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് ഈ നൂലിലൂടെ മേളോട്ട് കയറിപ്പോകുന്ന അതാണ് അടുത്ത് കാണുന്നത് ചക്ഷുർഗോചരതാം അതീത്യ പിന്നെ അളപ്രത്യക്ഷമാവും ആ നൂലിന്റെ തലപ്പിച്ചെല്ലുമ്പോൾ ഇളപ്രത്യക്ഷമാവും അതിന്റെ അങ്ങേയറ്റം ചെല്ലുമ്പോൾ ആ നൂലാകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് കാഴ്ചത്താറെല്ലാം ഇത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് മായാവി പിന്നെ കാണുന്നത് ഒരു യോദ്ധാവായിട്ടാണ് ഈ നൂലിൽ കൂടി കയറിപ്പോകുന്നതാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അതിശയിച്ച് നിൽക്കുമ്പോൾ തന്നെ അയാൾ ആ നൂരിന്റെ അങ്ങേയറ്റം പോയി അപ്രത്യക്ഷമാകും പിന്നെ എന്താണ് മേളിൽ ആകാശത്തു വരി യുദ്ധത്തിന്റെ കോലാഹലങ്ങളാണ് കേൾക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല വാടുകൊണ്ട് വെട്ടുന്നതും അഭ്യാസങ്ങളും യുദ്ധേനഖണ്ഡ ചിഹ്നം പതിതം പിന്നെ മായാവി ഇന്ദ്രചാലക്കാരൻ നിന്നിടത്തെന്താണ് കാണുന്നത് ശവശരീരങ്ങൾ മുറിഞ്ഞ് മുറിഞ്ഞ് താഴെ വീഴുന്നാണ് രക്തവും മാംസവും അസ്ഥിയും തലച്ചോറും എല്ലാം ഖണ്ഡശവചിഹ്നം പതിതം കൈയും കാലുമെല്ലാം മുറിഞ്ഞ് താഴെ വീഴുന്നാണ് കാണുന്നത് പുനരുദ്ധിതം ച ഇത് കണ്ട് അയാൾ വളരെ വിഷമിച്ച് കാഴ്ചക്കാരെല്ലാം നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഈ താഴെ വീണുകിടക്കുന്ന ശവശരീരഭാഗങ്ങളിൽ നിന്നും ഇന്ദ്രജാലകാരൻ എണീറ്റുവരുന്നു അതാണ് അടുത്ത് കാണുന്നത് ഇത്രയും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇയാൾ അത്ഭുതപ്പെട്ടു ഇവിടെ തന്റെ മുമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ കണ്ട് കാഴ്ചക്കാരൻ അത്ഭുതപ്പെട്ടാലും തത്കൃത മായാതിസത്വചിന്തായാം ആന്തരോ ഭഗതി പക്ഷെ അത് കണ്ടിട്ട് അയാൾ പിരിഞ്ഞു പോകുമ്പോൾ അയാളുടെ മനസ്സിൽ ഉറയ്ക്കും എന്താണ് ഇതൊക്കെ ഇന്ദ്രചാലമാണ് ഇതാണ് ഇന്ദ്രജാലം ഒരാളും കരുതത്തില്ല എന്താണ് ഇതെല്ലാം ഇവിടെ സത്യമായി സംഭവിച്ചു എന്നാലും കരുതത്തില്ല അതാണ് സതത്വചിന്തായം ആതൊരു നഭവതി കാഴ്ചക്കാരനുണ്ടാകത്തില്ല കാരണം അവൻ പോയതെന്തിന് ഇന്ദ്രജാലം കാണാം ഇന്ദ്രജാലക്കാരൻ കാണിച്ചു കൊടുത്ത് കണ്ടു കഴിഞ്ഞിട്ട് അവൻ പിരിഞ്ഞു പോകുമ്പോ അവിടെ ഇന്ദ്രജാലത്തിൽ ഈ നടന്നതല്ല ഇന്ദ്രജാലം എന്നുള്ളതല്ലാതെ ഇതൊക്കെ അവിടെ സത്യമായി ഒരാൾ അവിടെ യുദ്ധം നടത്തി അയാളുടെ ശരീരമെല്ലാം ഛിന്ന ഭിന്നമായി വീണ്ടും അയാൾ ജനിച്ചു ഇതൊക്കെ സത്യമായി സംഭവിച്ചു എന്ന് ഇത് ഇന്ദ്രചാലമാണെന്ന് അറിയുന്ന ഒരാളും ധരിക്കത്തില്ല കാരണം എന്തുകൊണ്ട് അയാളുടെ അനുഭവത്തിലില്ല അയം മായാവിന അതുപോലെ ഇവിടെയും ഒരു ആ മായാവിയാണ് തുരീയൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അമായവി സൂത്രണ സമഹ സുഷുപ്താദി വികാസ ഇവിടെ എന്താണ് ഇന്ദ്രജാലകാലം തുടങ്ങിയതെങ്ങനെ തന്റെ കയ്യിലിരുന്ന് ഒരു നൂലാകാശത്തിലേക്ക് നീട്ടിയിറങ്ങി അതിന് സമമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് സൂത്രപ്രസാരണ സമ സുഷുപ്ത സ്വപ്നാദി വികാസ സുഷുപ്തി സ്വപ്നം തുടങ്ങിയ ഈ വികാസം തുര്യനിൽ നിന്ന് വരുന്ന വികാസം എന്നാണ് പറയുന്ന ഇവിടെ തുര്യന്റെ ഒരു വികാസമാണ് ഏകനായിരിക്കുന്ന അദ്വൈതനായിരിക്കുന്ന ആ തുരീയ ചൈതന്യത്തിൽ സംഭവിക്കുന്ന ഒരു വികാസമാണെന്താണ് സുഷുപ്തി സ്വപ്നം ജാഗ്രത എന്ന് പറയുന്ന ഈ അവസ്ഥാന്തരങ്ങൾ അതാ മായാവി ഇന്ദ്രജാലക്കാരൻ നൂലെറിഞ്ഞതുപോലെയാണ് തത്ൂഢ മായാവി സമസ്താജ്ഞ തൈജസാദി നമ്മളെന്താണ് കാണുന്നത് വാസ്തവത്തിൽ ഇന്ദ്രജാലക്കാരൻ അവിടെ ഇരിക്കുകയാണ് ഒരു കസേരയെ പക്ഷെ നമ്മൾ കാണുന്ന എന്താണ് അയാൾ ആ നൂലിൽ കൂടി കയറിപ്പോകുന്നതാണ് അപ്പൊ ആ നൂലിൽ കൂടി കയറിപ്പോകുന്ന ആ ഇന്ദ്രജാലക്കാരനുണ്ടല്ലോ വാസ്തവത്തിലുള്ള ഇന്ദ്രജാലക്കാരനല്ലോ നമ്മൾ കാണുന്ന ഇന്ദ്രജാലക്കാർ അതിനു സമമാണ് ഇവിടുത്തെ പ്രാജ്ഞനും തൈജസനും വിശ്വനുമല്ല ഇത്രയേ ഉള്ളൂന്നാണ് ഇപ്പം ഇന്ദ്രജാലക്കാരൻ ഒഴിഞ്ഞിരിക്കെ തന്നെ കാഴ്ചക്കാരുടെ മുമ്പിൽ കാണുന്ന എന്താണ് ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നൂല് ഒരിക്കലും നമുക്കറിയാം ഒരു നൂലിന് വടി പോലെ ആകാശത്ത് നിൽക്കാനൊക്കത്തില്ല പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു അതാണ് ഈ കാണുന്ന ജാഗ്രസോഫന സുഷുക്തി അവസ്ഥകൾ അതുപോലെ അതിലൂടെ സഞ്ചരിച്ചു പ്രാജ്ഞ തേജസ്വ വിശ്വന്മാർ അതിനു സമൂഹമാണ് ആ ഇന്ദ്രജാലക്കാരന്റെ പ്രവൃത്തിയും ആ നൂലിലൂടെയുള്ള കയറിപ്പോ എന്നാൽ സൂത്ര തദാരൂാഭ്യാം അന്നരമാർത്ഥമായ നമ്മൾ ആകാംക്ഷയോടുകൂടി ഇന്ദ്രചാലം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നവരും മായാവിയുണ്ട് അവിടെ ഇന്ദ്രചാലക്കാരെ മാറി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പേരെ വൃദ്ധിയാക്കിയതിന്റെ സന്തോഷത്തിൽ അതാണ് പറയുന്നത് സൂത്ര തദാരൂഢാഭ്യാം ആ നൂല് അതിൽ കയറിയവൻ അതിൽ നിന്നും അന്യഹ അന്യനായിരിക്കുന്നു ആര് പരമാർത്ഥമായ സൈവ ഭൂമി മായാഛന്നഹ അദൃശ്യമാന യുവ സ്ഥിതോ അവൻ വാസ്തവത്തി എന്തു ചെയ്യുന്നു മായാവി ഇന്ദ്രജാലക്കാരൻ അവനാ ഭൂമിയിൽ തന്നെയുണ്ട് അവൻ നൂലിനും കയറിയില്ല യുദ്ധവും ചെയ്തില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ നമ്മളവനെ കാണുന്നില്ല എന്നുള്ളൂ മായാഛന്നഹ അവന്റെ ഇന്ദ്രചാരം കൊണ്ട് അവൻ മറ്റുള്ളവരെ ദൃഷ്ടിയിൽ നിന്നും അവനെ മറിച്ചിരിക്കുകയാണ് അതവന്റെ കഴിവും അദൃശ്യമാന അവൻ കാണാതെ നിൽക്കുന്നു അവൻ അവിടെ തന്നെയുണ്ട് പക്ഷെ അവനെ ആരും കാണുന്നില്ല നൂലിൽ കയറുന്ന മായാവിയെ കാണുന്നു യഥാ തഥ അത് തന്നെയാണ് ഇവിടെ ഈ ഈ തുരീയൻ എന്ന് പറയുന്ന ഈ പരമാർത്ഥതം അത് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ആ പരമാർത്ഥതം ഈ മായാവിയെപ്പോലെ മായാഛന്നനായി തന്റെ തന്നെ മായാശക്തി കൊണ്ട് സ്വയം മറച്ച് അദൃശ്യമാനൻ കാഴ്ചയ്ക്ക് വെളിപ്പെടാതെ നിൽക്കുകയാണ് പരമാർത്ഥമായിട്ട് കൂടി എന്നിട്ടിവിടെ എന്ത് ചെയ്യുന്നു ആ ഇന്ദ്രജാലക്കം ആ സൂത്രത്തെ എരിയുന്നത് പോലെ ജാഗ്രസ്വത്വം സുഷുപ്തികൾ അതിലൂടെ സഞ്ചരിക്കുന്ന മായാവിയെപ്പോലെ ഇവിടെ പ്രാജ്ഞതേജസ്സ വിശ്വന്മാർ ഇങ്ങനെ ഒരു ഇന്ദ്രജാലം ഈ തുരിയനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തുര്യൻ സ്വയം മറഞ്ഞു നിൽക്കുന്നു അവിടെ വാസ്തവത്തിൽ ഈ മായാവിയല്ലാതെ രണ്ടാമതൊന്നുണ്ടോ എന്നാണ് ചോദ്യം നമ്മൾ പലതും കണ്ട് സത്യമാണ് കണ്ടതെല്ലാം അനുഭവവേളയും പക്ഷെ അവിടെ മായാവിയല്ലാതെ രണ്ടാമതൊരാളില്ല ആ സംഭവിച്ചതുപോലെ തുര്യനിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രസ്വത്തിന സുഷുതികളും വിശ്വതൈജസ്വ പ്രാജ്ഞന്മാരും അതാണ് പരമാർത്ഥതം അതിനെയാണ് തുര്യം എന്ന് പറയുന്നത് ഇതാണ് സൃഷ്ടിയെ സംബന്ധിച്ച് ഇവിടെ അദ്വൈതിയുടെ നിലപാട് അവിടെ ഇന്ദ്രജാലക്കാരൻ മാത്രമേയുള്ളൂ ഇന്ദ്രജാലക്കാരൻ അല്ലാതെ നമ്മൾ പലതും കണ്ടു പല കാഴ്ചകളും കണ്ടു അതൊന്നും വേറെയല്ല ഇന്ദ്രജാലക്കാരൻ നിന്നും വേറിട്ടൊന്നുമില്ല അവിടെ അതുപോലെ പരമാർത്ഥതം അത് പരമാർത്ഥമാണീ പറയുന്നത് പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ അനുഭവത്തെ അല്ല ആ പരമാർത്ഥ തത്വം അതിനാണ് തുര്യനെന്ന് ഇവിടെ വിളിക്കുന്നത് ആ പരമാർത്ഥ തത്വത്തിൽ നിന്ന് ഇവിടെ നമ്മൾക്ക് എന്തെല്ലാം അനുഭവങ്ങളുണ്ടായാലും ശരി വേറിട്ടൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നുമില്ല നമ്മൾ കണ്ട ഇന്ദ്രജാലം നമ്മുടെ അനുഭവത്തിലുള്ളത് തന്നെയാണ് ഇന്ദ്രജാലം ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇന്ദ്രജാലക്കാരനിൽ നിന്നും വേറിട്ടൊരു ഇന്ദ്രജാലം ഇല്ല എന്നാണ് പറയുന്നത് അധഹ തയാമേവ ആതിരോ മുമുക്ഷൂണാം ആര്യാണാം അതുകൊണ്ട് മൂമുക്ഷുക്കളായ ആര്യന്മാർ ചിന്തിക്കുന്നതിൽ ആ പരമാർത്ഥ തത്വത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്ദ്രജാലത്തിന്റെ രഹസ്യമറിയാമെന്നുള്ളവൻ അവൻ എന്താണ് അവൻ ഇന്ദ്രജാലത്തിന്റെ ഈ അത്ഭുതങ്ങളിൽ നിന്നും അവന് ഇതൊന്നും അവനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അവൻ മനസ്സിലാക്കുന്നു ആര് മനസ്സിലാക്കുന്നു ഇന്ദ്രജാലക്കാരൻ അവനറിയാന്റെ രഹസ്യം അവൻ മനസ്സിലാക്കുന്നു എന്താണ് ഇവിടെ മാത്രമേ അവന് ഈ ഇന്ദ്രചാരത്തിൽ യാതൊരു അത്ഭുതവും എന്തുകൊണ്ട് അവൻ അതിന്റെ രഹസ്യമറിയാം താമേവ് പരമാർത്ഥ ചിന്തയിലേ അവന് ശ്രദ്ധയുള്ളൂ മുമുക്ഷൂണാം ആര്യാണ ന നിഷ്പ്രയോജനായ ആദര അതുകൊണ്ട് പ്രയോജനരഹിതമായിരിക്കുന്ന ഈ സൃഷ്ടിയിൽ അവന് താൽപ്പര്യമില്ല അവനെ ചിന്തിക്കാനും അതിന്റെ ഉള്ളിലുള്ള മറ്റ് രഹസ്യങ്ങൾ അറിയുന്നതിനൊന്നും അവന് താൽപ്പര്യമില്ല കാരണം മായാവിക്ക് ഇന്ദ്രജാലക്കാരനറിയാൻ എന്താണ് ഇതിന്റെ രഹസ്യം ഇന്ദ്രജാലമാണ് അത് തന്നെ ഇതിന്റെ രഹസ്യം അതുകൊണ്ട് തന്നെ അവിടെ ആരൊക്കെ മരിച്ചു എങ്ങനെ വീണ്ടും ജനിച്ചു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തലഭോവിക്കേണ്ട ആവശ്യമായ ഇന്ദ്രജാലത്തിൽ അതും അവനപ്പുറവും സംഭവിക്കും പക്ഷെ കാണുന്നവനോ അവൻ ചിന്തിക്കും സൃഷ്ടിചിന്തകാനാമേവ ഏതേ വികൽപ്പാഹ അതിനിങ്ങനെ ഈ വാസ്തവം അല്ലാതെ ഉള്ള ചിന്തകളെല്ലാം സൃഷ്ടിചിന്തകന്മാരുടേതാണ് എന്നുവെച്ചാൽ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്ത് സൃഷ്ടാവിനെയും സൃഷ്ടാവിനും സൃഷ്ടിക്കും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാതെ കേവലം സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് അവർക്കാണ് ഈ വികൽപ്പങ്ങൾ സ്വപ്നമായ സ്വരൂപേരി ഇത് സ്വപ്ന മറ്റൊന്ന് അടുത്തപക്ഷം പറയൂ എന്താണിത് സ്വപ്ന സ്വരൂപമാണ് മായാസ്വരൂപമാണ് എന്ന് പറയുന്നത് അതും ഇവിടുത്തെ മുഖ്യ സിദ്ധാന്തമല്ല അദ്വൈതത്തിൽ പറയും എന്താണ് ഇത് ഇന്ദ്രജാല സമമാണ് മായാ ചെലവ്ന്ന് വെച്ചാൽ ഇന്ദ്രജാലും മായാന്ന് വെച്ചാൽ ഇന്ദ്രജാലും സ്വപ്ന തുല്യമാണെന്നെല്ലാം അങ്ങനെ പറയുന്നെങ്കിൽ ഇവിടെ അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ് വെച്ചാൽ ഇവിടെ സ്വപ്ന തുല്യം എന്നെല്ലാം ചിലർ പറയുന്ന സൃഷ്ടിചിന്തകന്മാർ പറയുന്നത് ഇവിടെ സിദ്ധാന്തി പറയുന്നതുപോലെയുള്ള അതിന്റെ വ്യത്യാസം നമ്മൾ വിഭൂതിസവന്യേ മന്യന് സൃഷ്ടിചിന്ത സ്വപ്നമായാസിരണ്ക